ശ്രീമുഖി സീസണ സ്വീശ്വര ശിവസാരംഭ ൃാഷ്യ തശ്യത്യു മനസാത്മണ ആത്മത ആശ ആത്മ സ്മര ആത്മക ആകാശമേജ തിരഭാവോ ആത്മദോ അന്നത്മദോ ബലം ആത്മദോ വിജ്ഞാനം ആത്മദോ ധ്യാനം ആത്മദിത്തം ആത്മദ സങ്കൽപ്പ ആത്മതോ മന ആത്മദോ വാ ആത്മദോ നാമ ആത്മതോ മന്ത്ര ആത്മദ കർമാണി ആത്മദൈവം സോമിതിലോകോന്നശ്യോ മൃത് പശ്യത്തിനോദുഃഖദ പശ്യ പശ്യതിർമാനോതിർവൈതി പഞ്ചത സപ്ത നവത പുനശേകൃത വിശതിഹുദ്ധസപ്പശുദ്ധി സത്വശുദ്ധോ പ്രഭാസ്മൃതി സ്മൃതി ലംഭേഗ്രന്ഥി നമു തരം ദർശയ ഭഗവാൻ സനകുമാര സർത്തശ്ജ സത്യാം യഥാഗത്തെ ഭൂമാംച്ചിന് ആസ്മ ൃതിലഭേ സത് സാധന പാശൂപന്മാരനുഭവാവനഠിനശ്രയാണീന വിമോക്ഷോ വിശേഷേ പ്രമോക്ഷണം വിനോതിരോത്തരം യഥോക്തമാഹാരശുദ്ധിമൂലം സാർ ശേഷാരാളിതകോ <Sessimus> വിദക്ഷണപ പരമാർത്തസ്മൈ മൃഗകക്ഷാ തമസം सत्व സത്വശുദ്ധി വിസ്മരണത്തിൽ സർവഗ്രന്ഥിയിലിമോട്ട് തുടക്കം ആ വിജ്ഞാനസിദ്ധിയിലാണ് യഥാ ഏതത് ഉത്തരോത്തരോ യഥോക്ത മഹാരസിദ്ധി മൂലം അവസാനം പറയുന്ന ഹൃദയഗ്രന്ഥി നാശം സർവബന്ധത്തിൽ നിന്നുള്ള മോചനം അതാണ് ദുഃഖം നിവൃത്തി അവിടെ നാരദൻ ആഗ്രഹിക്കുന്നു അതാണ് ഇവിടെ പറയുന്നു തമസഹ പാരം ദർശൈരി നാരദൻ ആവശ്യപ്പെട്ട അതാണ് എങ്ങനെ ദുഃഖം നിവൃത്തി ഉണ്ടാകും സുഖം നിവൃത്തി അത് ഇങ്ങനെ ഉണ്ടാകുന്നു ഒന്ന് വിജ്ഞാന ശുദ്ധി ഒരാഗദ്ദോഷ നിങ്ങളുണ്ടാതിരിക്കുക വിജ്ഞാനശുദ്ധി അന്ധക്കരണശുദ്ധിയെ വർദ്ധിപ്പിക്കും അവിടെ അവിസ്മരണം സംഭവിക്കുന്നു തത്വബോധം അത് നശിക്കുന്നില്ല തുടർന്ന് സർവബന്ധനങ്ങളിൽ നിന്നും മുക്തനാവുന്നു ജ്ഞാനം കൊണ്ട് മുക്തി എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയണം ഏതായത് ഉത്തരോത്തരം യഥോക്താഹാരസിദ്ധി മൂലം അപ്പൊ എല്ലാം തുടങ്ങുന്ന വിജ്ഞാനസിദ്ധിയിൽ നിന്നാണ് ആ വിജ്ഞാന സുദ്ധി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇവിടെ പറയുന്ന അക്രമം പറയാണ് വിജ്ഞാനശുദ്ധിയുണ്ട് ചിത്തശുദ്ധി വരുന്നു എന്ന് പറയുമ്പോൾ പരസ്പര അപേക്ഷ വിജ്ഞാനശുദ്ധി കൊണ്ട് ചിത്തശുദ്ധി വരുന്നു ചിത്തശുദ്ധിയോണ്ട് വീണ്ടും വിജ്ഞാനശുദ്ധി വരുന്നു ഒന്ന് മറ്റൊന്നിനെ അപേക്ഷിച്ചാണ് ചിത്തശുദ്ധമായിരുന്നാല് അവിടെ വിജ്ഞാനത്തിന് ശുദ്ധി വരും ആ വിജ്ഞാനം ശുദ്ധമായിരുന്നാൽ ചിത്രത്തിന് ശുദ്ധി വരും എന്തുകൊണ്ട് അശുദ്ധിയുണ്ടാക്കുന്നതും അവിടെ പ്രാഥമികമായിട്ട് രാഗദ്വേഷങ്ങളാണ് രാഗദ്വേഷങ്ങൾ ഇരിക്കുമ്പോൾ ആ വിജ്ഞാന ശുദ്ധി ഇല്ല ഇതില്ലാത്തപ്പോൾ ആ അന്ധക്കണ്ണശുദ്ധി ഇല്ല കാരണം അന്ധക്കണ്ണത്തിലാണിത് സംഭവിക്കുന്നത് വിജ്ഞാനശുദ്ധി ചിത്തശുദ്ധിയെന്നെല്ലാം പറയുന്ന അന്ധക്കണ്ണത്തിലാണ് രാഗദ്വേഷാദി ദോഷങ്ങളെ വിവേകം കൊണ്ട് ഇല്ലാതാക്കുക എന്ന് പറയുന്നിടത്തും ഇത് തന്നെയാണ് താല്പര്യം ചിലടക്ക് അങ്ങനെ പറയും വിവേകം കൊണ്ട് ഇതിനെ ഇല്ലാതാക്കുക നശിപ്പിക്കുക രാഗദ്വേഷ്യത്തിൽ ഇല്ലാതാകുന്നുണ്ട് വിവേകദാർഢ്യത്തിൽ വിവേകം എന്ന് പറഞ്ഞപ്പോ വിവേകത്തിൽ എങ്ങനെ ഇല്ലാതാകും വെളിച്ചത്തിൽ ഇട്ടില്ലാതാകുന്ന പോലെ രോഗദ്വേഷാദികൾക്ക് വിപരീതമായിരിക്കുന്നു എന്താണ് വിവേകം അപ്പൊ ആ വിവേകത്തിൽ രാഗദ്വേഷാദികളില്ലാതാവും അങ്ങനെ പറയുന്ന ചിലത് അത് ഇത് തന്നെ വിജ്ഞാനസിദ്ധി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഉണ്ടാകുന്ന തത്വത്തിന്റെ അവിസ്മരണം അതിനെല്ലാം തുടക്കം എന്താണ് യഥോക് ആഹാരശുദ്ധി മൂലം തസ്മസാ കാര്യം അത് വേണം രാഗുദ്വേഷാദികളെ ചിത്ത മാലിന്യങ്ങളെ ഇല്ലാതാക്കുക അതാണ് കർത്തവ്യം ഇതിന്നൊരു കാര്യം മനസ്സിലാക്കും സർവശാസ്ത്ര പാണ്ഡിത്യം ഉണ്ടായാലും വിജ്ഞാനശുദ്ധി സംഭവിക്കണമെന്നില്ല അതുകൊണ്ട് പറയുന്നത് സർവ കർത്തവ്യമായിരിക്കുന്നു അത് ചെയ്യണം അങ്ങനെ മനഃശുദ്ധി ഉണ്ടാക്കണം ഇതാണ് നമ്മൾ കർമ്മയോഗത്തെ പറയുമ്പോൾ അവിടെ പറ കർമ്മയോഗം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന വിജ്ഞാനശുദ്ധിയും ചിത്തശുദ്ധിക്കും വേണ്ടിയാണ് അവിടെ പറയുന്ന കർമ്മയോഗി ചിത്തശുദ്ധി വന്ന് പിന്നീട് ജ്ഞാനം ഇവിടെ പറയുന്നു വിജ്ഞാനശുദ്ധിയിലൂടെ ചിത്തശുദ്ധി ഇപ്പൊ ചിത്തശുദ്ധിക്ക് മുമ്പ് അങ്ങനെ വിജ്ഞാനശുദ്ധി വരും അങ്ങനെ സംശയം വരവിടെ ഇതോടെ കുറച്ചുകൊടുവരുന്നതിനെക്കുറിച്ച് പറയുന്നു ചിത്തശുദ്ധിക്ക് ഇന്നലെ ഉപായുള്ളൂ എന്നങ്ങനെ നിർബന്ധമില്ല അദ്വൈതമനുസരിച്ച് എല്ലാ സാധനങ്ങളും ആത്യന്തികമായി ഉപകരിക്കുന്നത് ചിത്തശുദ്ധിക്കാണ് എന്ത് ചെയ്താൽ ഭക്തിയോ യോഗമോ ഉപാസനകളോ എന്തായാലും എല്ലാം ചിത്തശുദ്ധിക്ക് പോയിരിക്കുന്നു അ ചിത്തശുദ്ധി ശരിക്കും വിജ്ഞാനശുദ്ധി തന്നെ ഇവിടെ പറയുന്ന വിജ്ഞാനശുദ്ധി കൊണ്ട് ചിത്തശുദ്ധി അത് രണ്ടു നിലയിൽ വരുന്ന ചിത്തശുദ്ധി കണക്കിലെടുത്ത് പറയുകയാണ് പരമാർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത് ചിത്തപരിണാമമാണ് അപ്പോൾ അതിന്റെ ശുദ്ധി എന്ന് പറയുന്നത് രാഗദ്വേഷങ്ങൾ അതിനോട് ചേരാതിരിക്കുക എന്ന് പറയുന്നത് അത് ചിത്തത്തിന്റെ തന്നെ ശുദ്ധിയാണ് രണ്ടും രണ്ടാണ് സാറിന് ചിത്തശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ അത് കർമ്മയോഗത്തിലൂടെ നേടാൻ പോകുന്നത് അവിടെയും കർമ്മയോഗം ശരിക്കും നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ അവിടെയും കർമ്മയോഗത്തിലൂടെ ചിത്രശുദ്ധി വരുന്ന വിജ്ഞാനശുദ്ധിയാണ് വരുന്നത് അവിടെയുണ്ട് വിജ്ഞാനശുദ്ധി എന്തുകൊണ്ട് കർമ്മയോഗത്തിൽ മുഖ്യമായി പറയുന്നത് രാഗദ്വേഷങ്ങളില്ലാതിരിക്കുക ആ ബോധത്തോടുകൂടി കർമ്മം ചെയ്യുക ഗുണാ ഗുണേഷ് വർത്ത ഇതു മറ്റു വന്ന സജ്ജതയെന്നും മറ്റും പറയുന്ന ആ സന്ദർഭങ്ങളുണ്ട് അവിടെ ആത്മബോധത്തിനും പ്രാധാന്യമുണ്ട് രണ്ടു തരത്തിലായാലും ശരി കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി എന്ന് പറയുന്നാലും ശരി വിജ്ഞാനശുദ്ധിയിലൂടെ ചിത്തശുദ്ധി എന്ന് പറയുന്നിടത്താലും ശരി രണ്ടിടത്തും വിജ്ഞാനത്തിന് പ്രാധാന്യമുണ്ട് രണ്ടിടത്തും രാഗോദ്വേഷളെ നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ അവർ വെല്ലുവിളി മുന്നോട്ട് കിടന്ന് സംശയാദ്യ ദോഷങ്ങളെ നിവാരണം ചെയ്ത് അതുകൂടി എന്തുകൊണ്ടിവിടെ പറയുന്നു ധ്രുവാസ്മൃതി അവിസ്മരണം ആ തത്വബോധത്തിന്റെ ദാർഢ്യം ആ ദാർഢ്യം എന്ന് പറയുന്നത് എന്താണ് അവിടെ സംശയങ്ങളില്ലാതിരുന്നതേ ഉള്ളൂ അറിയുന്നു അതിനെ കുറിച്ച് സംശയമുണ്ടെന്നും അവിടെ ആ ജ്ഞാനത്തിൽ സംശയാദി ദോഷങ്ങൾ മാറിയാൽ അത് ദൃഢമായി അതിലൂടെ പറയുന്നു ധ്രുവാസ്മൃതി അത് ഒന്നിനെ തുടർന്ന് മറ്റൊന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും പരസ്പരം അപേക്ഷിതമാണ് ഒന്നിനെ തുടർന്ന് മറ്റൊന്ന് വരുന്നു അതിനെ തുടർന്ന് വീണ്ടും ആദ്യത്തേക്ക് വരുന്നു അങ്ങനെ വരും വിജ്ഞാനശുദ്ധിയെ തുടർന്ന് മനഃസിദ്ധി ഉണ്ടാകുന്നു അതിനെ തുടർന്ന് വീണ്ടും വിജ്ഞാനസിദ്ധി ഉണ്ടാകുന്നു ആത്യന്തികമായി ഇത് രണ്ടും രണ്ടും കാര്യമില്ല വിജ്ഞാനശുദ്ധി തന്നെ മനഃശുദ്ധി വിജ്ഞാനം സദാശുദ്ധം തന്നെ എന്താണ് ഇവിടെ വിജ്ഞാനശുദ്ധിയെക്കുറിച്ച് പറയുന്നത് വിജ്ഞാനത്തെയാണ് പറയുന്നത് നിത്യശുദ്ധം എന്ന് പറയുന്നത് പദ്വീതത്തിൽ സർവത്ര ഇങ്ങനെ തന്നെയാണ് ജ്ഞാനം നിത്യശുദ്ധമാണ് അത് പരിപൂർണമാണ് അത് ഇവിടെ പരിപൂർണമായിരിക്കുന്നു ഗാഠനിദ്രയില്ല അത് പരിപൂർണമാണ് അവിടെ വിഷയബന്ധമില്ലാതെ അത് പരിപൂർണമായിരിക്കുന്നു ശുദ്ധമായിരിക്കുന്നു ജാഗ്രതയിലേക്ക് കിട്ടുന്നു അവിടെ അത് പൂർണ്ണമാണ് പരിശുദ്ധമാണ് ജാഗ്രത ജ്ഞാനത്തിന് അശുദ്ധി സംഭവിക്കുന്നില്ല ഒരിടത്തും ഒരിക്കലും അതുകൊണ്ടാണ് പക്ഷികർ കുറിയ തുലിയൻ എല്ലാ അവസ്ഥകളിലും ഒരുപോലെ ഇരിക്കുന്നു അതുകൊണ്ടാ നിത്യശുദ്ധം തന്നെയാണ് പക്ഷെ എന്നാലും ഒരു ജീവന്റെ അനുഭവത്തിൽ അതിന് അശുദ്ധിയുണ്ട് ശുദ്ധമായിരിക്കുന്നതിൽ തന്നെ അശുദ്ധി അനുഭവപ്പെടും അതാണ് ചിന്ത വരുന്നത് അതെന്തുകൊണ്ടുവന്നു എങ്ങനെ അതില്ലാതെ അതങ്ങനെ വരാൻ പാടില്ല ശുദ്ധിയില്ലങ്ങനെ അശുദ്ധി വരും വെളിച്ചത്തിലങ്ങനെ ഏറ്റു വരും അത് പരസ്പര വിരുദ്ധമായ കാര്യമാണല്ലോ അപ്പം അതിന് സമാനം പറയുന്നു അത് മായയാണ് അവിദ്യയാണ് അത് പരമാർത്ഥത്തിലില്ല അത് ഭ്രാന്തിയാണ് അത് മനസ്സാണ് അഹന്തര അതിന് പല പേരുകളും പറയും സന്ദർഭമനുസരിച്ച് അപ്പം അതിനെ നിർമാർജനം ചെയ്യണം എന്ന് പറയും ശുദ്ധിയില്ലാത്തതുകൊണ്ടല്ല അശുദ്ധമാണത് നിത്യശുദ്ധമാണ് അശുദ്ധിയിൽ തന്നെ വീണ്ടും ശുദ്ധി ആവശ്യപ്പെടുകയാണ് എന്തുകൊണ്ട് അശുദ്ധമാണെന്നുള്ള പ്രതീതിയുള്ളതുകൊണ്ട് സംസാര പ്രതീതിയുള്ളതുകൊണ്ട് സംസാരാനുഭവങ്ങളുണ്ട് മായ അവിദ്യ ഭ്രമം ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുള്ളതുകൊണ്ട് തത്വജ്ഞാനെ സംബന്ധിച്ചിടത്തോളം ഞാനീ ജ്ഞാനത്തെ ശുദ്ധമാക്കിയെടുത്തതല്ല അശുദ്ധമാക്കിയെടുത്ത ജ്ഞാനം കൊണ്ടല്ല ഞാനീ നടത്തുന്നു അശുദ്ധം തന്നെയാണ് അത് ജാഗ്രസ്വപ്ന സൃഷ്ടിയില്ലെല്ലാം അത് ശുദ്ധം തന്നെയാണ് പക്ഷേ അതിലാരോപിച്ച കുറേ കാര്യങ്ങൾ അജ്ഞാന സംശയാദികൾ കൊണ്ടതിൽ വന്നു ഭവിച്ച കുറേ കാര്യങ്ങൾ അതിന് നിരാകരിച്ചിരിക്കുന്നു അത്രയേ ഉള്ളൂ അത് നിരാകരിക്കാത്തിടത്തോളം കാലം ദുഃഖം ജ്ഞാനം ഉണ്ടായാലും സർവവിജ്ഞാനം ഉണ്ടായാലും ശരി ഈ പറയുന്ന ദോഷങ്ങളെ അവിടെ നിന്നും മാറ്റാത്തിടത്തോളം കാരണം ഇത് ദുഃഖം തന്നെയാണ് അത് മാറ്റിയാലോ എന്നുള്ള പറയുന്നത് തമസ്വാ വിദ്യാലക്ഷണത് പാരം പരമാർത്ഥതം അത് പരമാർത്ഥതം അപ്പം ആ ദോഷങ്ങളെ മാറ്റുന്നതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ആ ദോഷങ്ങളെ മാറ്റുന്നതിനുള്ള ഉപായമായിട്ടാണ് ഭൂമാവിനെ കുറിച്ച് ഇത്രയെല്ലാം അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിദ്യ അല്ലെങ്കിൽ മായ മാറുന്നത് എങ്ങനെയാണ് ഈ ഭ്രമം മാറുന്നത് എങ്ങനെയാണ് ഈ ദ്വൈതബോധം അസത്യമായി തീരുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര താല്പര്യം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പല രീതി പറയുന്നേ ഉള്ളൂ ശാസ്ത്രം മുക്തിയെ ബോധിപ്പിക്കുകയല്ല ഇന്നതാണ് മുക്തി ഇനി അത് നേടിയെടുക്കണം അതിനുവേണ്ടി ഇന്നതൊക്കെ ചെയ്യണം എന്നല്ല മറിച്ച് മുക്തമായിരിക്കുന്നതിൽ എന്താണോ ആ മുക്തിയുടെ പ്രകാശത്തിന് തടസ്സമായിരിക്കുന്നതിന് നീക്കം ചെയ്യുകയാണ് അത്രയും ചെയ്യുന്നു സുഖത്തെ കൊടുക്കുകയല്ല ദുഃഖത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ഫലത്തിൽ സുഖത്തെ കൊടുക്കുന്ന ഒന്നേ ഉള്ളൂ എന്തുകൊണ്ട് മുക്തിയെപ്പോലെ തന്നെ സുഖവും സ്വരൂപമാണ് പ്രതിദ്വന്വികളെ ഇല്ലാതാക്കുന്നു അയാൾ സ്വയം സുഖസ്വരൂപനായി കഴിഞ്ഞു ശോകസ്യ പാരം ശോകത്തിന്റെ തത്വത്തെ മനസ്സിലാക്കി കൊടുക്കുന്നു എന്താണ് ഈ ശോകത്തിന്റെ തത്വം അവിടെ ദുഃഖം നിവൃത്തി സംഭവിക്കുന്നു സർവശാസ്ത്രം അശേഷതകൾക്ക അവിടെ സർവശാസ്ത്രവും ഉപദേശിക്കേണ്ടതെന്ന് ഉപദേശിച്ചു കഴിഞ്ഞു പിന്നെ ശേഷിക്കുന്നില്ല അതുകൊണ്ട് അധ്യായം ഈ കഥയെ കൂടെ അവസാനിപ്പിക്കുകയാണ് കഥയുടെ രൂപത്തിൽ ആത്മതത്വത്തെ പ്രകാശിപ്പിച്ചിട്ട് കഥയെ അവസാനിപ്പിക്കുന്നു തസ്മയും കഷായായ വാക്ഷാതിരിക കഷായു രാഗദ്വേഷാദി ദോഷ സത്വസ്യ രഞ്ജനാരൂപത്വാ തസ്മയും മൃദുത കഷായ ഈ പറയുന്ന ദോഷങ്ങളെല്ലാം മാറി നാരതന് അത് രാഗാദിദോഷങ്ങളാണോ അജ്ഞാന സംശയങ്ങളാണോ അഹന്തയാണോ എന്തായാലും ശരി മൃദുദായ ദോഷങ്ങൾ മാറി കഷായം എന്താണ് രാഗദ്വേഷാദിദോഷ ജഗദ്ദേഷാദി എന്ന് പറഞ്ഞാൽ ഞാൻ സംശയം എല്ലാത്തി എഴുത്താണ് വക്ഷാതിരിവ് അതേപോലെ വൃക്ഷത്തിൻ്റെയും മറ്റും കറ പോലെയാണ് നല്ല തൂവെള്ളയുള്ള വസ്ത്രം അതിനെ കറപിടിപ്പിക്കുന്ന എന്താണ് വൃക്ഷത്തിൻ്റെയും മറ്റും അതാണ് കഷായു എന്ന് പറയുന്നത് രാഗദ്വേഷ അതെന്ത് ചെയ്യുന്നു സത്വസ്യരഞ്ജനാരൂപത്വം സത്വത്തിനെ അത് കളറ് പിടിപ്പിക്കുന്നു അന്ധക്കെണ്ണത്തിൽ അത് മാലിന്യത്തെ ഉണ്ടാക്കുന്നു എങ്ങനെയാണോ വൃക്ഷത്തിന്റെ കരാബളിത്ത തുണിയിൽ പാഠനുണ്ടാക്കുന്നത് അതുപോലെ രഞ്ജന ഒരു കത്ത് ആണ് അത് കളർ ചേർക്കുകയാണ് രഞ്ജിപ്പിക്കുകയാണ് രഞ്ജിപ്പിക്കുന്നതിന് മുഖ്യമായിട്ടും കളറെടുക്കാന്നുള്ളത് വിജ്ഞാനത്തിന് അത് രഞ്ജന ഉണ്ടാക്കുന്നു രഞ്ജിപ്പിക്കുന്നു മാലിന്യത്തെ ഉണ്ടാക്കുന്നു നിത്യശുദ്ധമായിരിക്കുന്ന വിജ്ഞാനത്തിൽ തന്നെ മാലിന്യത്തെ ആരോപിക്കുന്നു വാസ്തവുണ്ടാക്കില്ല എല്ലാത്തിനും ഉണ്ടാക്കുന്നു സ്വയം വിജ്ഞാനസ്വരൂപനായിരിക്കുന്നു എന്ന് തന്നെ ചിന്തിക്കുന്നു ഞാൻ അച്ഛനാണ് എനിക്ക് സംശയമുണ്ട് എന്നെ രാഗദ്വേഷാദികളുണ്ട് ഈ തരത്തിൽ അവിടെ രഞ്ജിപ്പിക്കുക എന്ന് പറയുന്നു ഒരാളിൽ രാഗദ്വേഷാദികളുണ്ട് കാമക്രോധാദികളുണ്ട് അഹന്ത ഉണ്ടും മമതയുണ്ടെന്നെല്ലാം മറ്റൊരാൾ ബോധിപ്പിക്കുക അതിന്റെ ആവശ്യമുണ്ട് എന്തുകൊണ്ടത് അയാളുടെ അനുഭവമാണ് അയാൾ അറിയുന്നു അനുഭവിക്കുന്നു ഞാൻ രാഗിയാണ് ഞാൻ ദേഷ്യാണ് അതാണ് സത്വത്തിനെ രഞ്ജിപ്പിക്കുന്നതെന്ന് പറയും സ്വാനുഭവത്തിന് വിഷയമാകുന്നു ശരീര മനസ്സുകളോട് ഈ ചൈതന്യം വിശുദ്ധ വിജ്ഞാനം താതാമ്യപ്പെട്ടിട്ട് അത് ആ താതാത്മ്യം സ്വാനുഭവമായി മാറുന്നു അതെവിടെ പോലെ തുടങ്ങുന്നു അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവത്തിൽ നിന്നും തുടങ്ങുന്നു ആ താതാന്യപ്പെടൽ ഏറ്റവും സൂക്ഷ്മമായ അഹന്ത അഹന്തയിൽ നിന്നും തുടങ്ങുന്നു ജാഗ്രതയിൽ അഹന്ത രൂപത്തിൽ ഈ ബോധം സർവത്തിലൂടെ താതാന്യപ്പെടുന്നു അതാണ് ഈ ദോഷം സത്വത്തെ രഞ്ജിപ്പിക്കുന്നു എന്ന് പറയുന്നു അത് ശുദ്ധമായിരുന്നുകൊണ്ട് തന്നെ ശുദ്ധതയെ വിട്ടിട്ടല്ല ഇവിടെ ശാസ്ത്രം ബോധിപ്പിക്കുന്നത് ആ രീതിയിലാണ് അത് ശുദ്ധമായിരിക്കെ തന്നെ അതിൻ്റെ എങ്ങനെ മാലിന്യം പെടുന്നു ആ മാലിന്യത്തെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം അത് ശുദ്ധമായിരിക്കെ രഞ്ചിനാ രൂപത്തുവാതെന്ന് പറഞ്ഞു വെളുത്ത തുളിയിൽ കളറ് ചേർത്താൽ അത് വെളുപ്പ് പോയി കളർ വരും പിന്നെ അതിനെ കഴുകിക്കളഞ്ഞാൽ അത് വീണ്ടും പഴയതൊരു വെളുപ്പാവും സജ്ഞാന വൈരാഗ്യ അഭ്യാസ രൂപക്ഷാരേണക്ഷാണിത പാത്രം അഴുക്ക് പിടിച്ചിരുന്നാൽ ചാരം കൊണ്ട് തേച്ച് പൊളിപ്പിക്കുന്നു പാത്രശുദ്ധമാകുന്നു അതുപോലെ ജ്ഞാനവൈരാഗ്യ അഭ്യാസം ജ്ഞാനവൈരാഗ്യങ്ങളുടെ അഭ്യാസം അതാണ് ഇവിടുത്തെ ക്ഷാരം ക്ഷാളിത ശുദ്ധമാക്കി കഴുകി വൃത്തിയാക്കി മൃദുദ ഇല്ലാതാക്കി വിനാശിത എന്തിനെ ഇല്ലാതാക്കുന്നു ജ്ഞാന വൈരാഗ്യാഭ്യാസങ്ങൾ കൊണ്ട് ഞാനാഭ്യാസം വൈരാഗ്യാഭ്യാസയെ കൊണ്ട് ഈ അഴുക്കിന് കഷായത്തെ രാഗദ്വേഷാദി ദോഷങ്ങളെ ഇല്ലാതാക്കുന്നു അവിടെ പറയുന്നു മധിത വിനാശിത വയസ്സി നാല് ദിവസീയ ാരദന ഒരുപാട് യോഗ്യതകളൊക്കെ ഉള്ള ആളാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിനുള്ള ശേഷി ഉണ്ടായി തത്വത്തിൽ ജിജ്ഞാസുണ്ടായി ഇതൊക്കെ യോഗ്യതയാണ് ദുഃഖത്തിൻ്റെ തത്വത്തെ ഗ്രഹിക്കണമെന്ന് ആഗ്രഹം വന്നു അവിടെ ഒരു തസ്മയോഗ്യായ അങ്ങനെയൊക്കെയുള്ള യോഗ്യതയുള്ള മൃതി തകഷായ ഇവിടെ ഇപ്പോ രാഗദ്വേഷാദിദോഷങ്ങളും നശിച്ചു വിവേകം കൊണ്ട് വെളിച്ചം കൊണ്ടിട്ടും നശിക്കുന്നതുപോലെ രാഗദ്വേഷാദിദോഷങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം പല ഉപായങ്ങളുണ്ട് എല്ലാ സാധനങ്ങളും ആ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് ഇവിടെ എന്താ വ്യത്യസ്തമായി പറയുന്നത് ഇവിടെ പറയുന്നു ആഹാരശുദ്ധവും സത്വശുദ്ധി വിവേകം കൊണ്ട് ആ ദോഷങ്ങളെ ഇല്ലാതാക്കാതാണ് വിവേകമുള്ളവരിലും രാഗാവി ദോഷങ്ങൾ കാണാറുണ്ടല്ലോ എന്നാണെങ്കിൽ അവിടെ വിവേകദാർഢ്യം വന്നിട്ടുണ്ട് വിവേകദാർഢ്യത്തിൽ രാഗദ്വീഷ ദോഷങ്ങൾ പോകുന്നു തത്ത് സത്വശുദ്ധി സത്വസഞ്ചായത ജ്ഞാനം അവിടെ ജ്ഞാനം പ്രകാശിക്കുന്നു അതാണ് മൃദുത കക്ഷായ പറഞ്ഞിരിക്കുന്നത് ഈ ദോഷങ്ങൾ ഇല്ലാതാകുന്നു തമസ്വാവിദ്യാലക്ഷണ പാരം ആ ദോഷങ്ങളില്ലാതായി കഴിഞ്ഞാലേ ഇതിൻ്റെ പരമാർത്ഥത്വത്തെ ഗ്രഹിക്കാൻ പറ്റൂന്ന കർമ്മണ കർമ്മം കൊണ്ട് സാധ്യമല്ല പ്രജയ ധനേന എന്നെല്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് ആത്യന്തികമായി സാധ്യമല്ല വിവേകം കൊണ്ടേ സാധ്യമില്ല അതുകൊണ്ട് ആഹാരശുദ്ധ സത്വശുദ്ധി തമസഹ വിദ്യാലക്ഷണ പാരം പരമാർത്ഥ തത്വം ഈ അവിദ്യാരൂപത്തിലുള്ളതാണ് ശോകം ശോകം അവിദ്യാരൂപമാണ് അതിൻ്റെ തത്വമാണ് അവിദ്യാവസ്തുവാണ് മായാവസ്തുവാണ് അതിൻ്റെ തത്വം അതിനെ ദർശകരി ദർശിതവാൻ ദർശകരിന്ന് വെച്ചാൽ കാണിച്ചു എന്നുള്ളത് അതെങ്ങനെ കാണിച്ചു എന്തെങ്കിലും പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണോ അല്ല ഉപദേശത്തിലൂടെ അത് സാധിച്ചു ഉപദേശഗ്രഹണത്തിലൂടെ നാരദന സാധിച്ചു സനക്കുമാരൻ ഉപദേശത്തിലൂടെ സാധിച്ചു അന്ന് പരമാർത്ഥ ദർശ തത്വം ദർശയതി ഇവിടെ ഈ ഉപദേശമല്ലാതെ ഇതിനെ നേരിട്ട് ബോധിപ്പിക്കുന്നതിനും മറ്റൊരുപായമില്ല ഉപദേശം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഇത് ബോധിക്കൂ എന്നു ചാട്ട് എത്ര കാലം കൊണ്ട് ഉപദേശം കേൾക്കുന്നു ഒന്നും ബോധിച്ചില്ലല്ലോ ഉപദേശം കൊണ്ട് എന്താ ഫലം ഉപദേശം മനുഷ്യനെ നന്നാക്കുമെങ്കിൽ ഉപദേശിക്കുന്നത് നന്നാക്കേണ്ട നന്നാവേണ്ട എന്ന് ചിന്തിക്കും ഇവിടെ പറയുന്നത് എന്താണോ പരമാർത്ഥ തത്വം ദർശയിൽ ദർശിതവാൻ എന്ന് ഉപദേശം കൊണ്ട് അങ്ങനെ ശരിയാകും ശരി ഒരാളങ്ങനെ കരുതുകയാണ് ഇത് ഉപദേശം കൊണ്ട് ശരിയാകത്തില്ല ഉപദേശം ഉപദേശത്തെ ശ്രവിച്ചതുകൊണ്ട് ശരിയാകത്തില്ല എന്നൊരാൾ കരുതുകയാണെങ്കിൽ അയാളടുത്ത് ഭാഷകാലം പറയുന്നത് മന്ദബുദ്ധി മന്ദാധികാരി മന്ദാധികാരിയാണ് ഇപ്പൊ സനത്കുമാരൻ ഇവിടെ നാരദനെ ഉപദേശിക്കുമ്പോൾ അത് മന്ദ അധികാരിക്ക് വേണ്ടിയുള്ള ഉപദേശമല്ല എന്നടുത്ത് വ്യക്തമായി പറഞ്ഞു മന്ദാധികാരിക്ക് ഇതിനോട് താല്പര്യം തോന്നുന്നുണ്ട് ഇത് അനിഷ്ടമായി തോന്നി ഉപദേശം മന്ദാധികാരി എപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്തെങ്കിലും ചെയ്യണം അനുഷ്ഠിക്കണം എന്താണ് അയാളുടെ താൽപ്പര്യം അനുഷ്ഠാനത്തിലാണ് ബോധനത്തിലെല്ലാം നടക്കണം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ഭാഗം അഷ്ടമാധ്യായം ഉപദേശം ശരിയാകില്ല എന്ന് തോന്നുകയാണ് ആ തോന്നുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ അതാണ് അയാളുടെ മന്ദ ബുദ്ധിത എന്ന് പറയുന്നത് അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ചെയ്യണം അതെങ്ങനെ ചെയ്യും അതിനും ഉപദേശിച്ചു ഈശ്വരീ എന്നെ ഉപദേശിച്ചു അതിനും വേണ്ട ചിലവണ മരണങ്ങളെല്ലാം ഇതിന് മാത്രം എന്ത് ചെയ്യുന്നു അതിനെ ബോധം വേണ്ട ഉപദേശം കൊണ്ട് കാര്യം ഫലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മരുന്ന് കൊടുത്തിട്ട് അത് രോഗത്തിന് ഫലിക്കുന്നില്ല എന്നുണ്ടിഞ്ഞാൽ വൈദ്യൻ വേറെ മരുന്നു കൊടുക്കും ചിലപ്പോൾ അനക്കാൾ കൂടിയതായിരിക്കും ചിലപ്പോൾ കുറഞ്ഞതായിരിക്കും പരീക്ഷിച്ചു കൊടുക്കും അതുപോലെ ഈ ദുഃഖം നിവൃത്തിക്കുള്ള സാക്ഷാത് ഉപായത്തെ ഇവിടെ സനക്കുമാരൻ ഉപദേശിച്ചു പക്ഷെ ശ്രുതി പറയുന്നു ഭാഷിക്കാരൻ പറയുന്നു ഇത് മന്ദബുദ്ധിയൊക്കെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല ഇതെല്ലാവരും സ്വീകരിച്ചു കൊടുമെന്നൊന്നുമില്ല ഇത് തള്ളിക്കളയുന്ന ഒരുപാട് പേരുണ്ട് എങ്കിൽ ഇനി അവർക്ക് ഇഷ്ടമുണ്ട് പറഞ്ഞു കൊടുക്കാം എന്തെങ്കിലും ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്തേ പറ്റും ചെയ്യാതിരിക്കാനൊക്കെ പറ്റും കർമ്മസംസ്കാരമുള്ളവന് കർമ്മം നിവൃത്തി അങ്ങനെ സാധ്യമാകും അത് സാധ്യമാകത്തില്ല ചെയ്തേ പറ്റുക അനുഷ്ഠിക്കാൻ പറയുന്നു നീ ഹൃദയത്തിലേക്ക് നിന്റെ മനസ്സിനെ ഉറപ്പിച്ച് ധ്യാനിക്കുക അവിടെ ചെയ്യാനൊന്നും സംതൃപ്തനാവും അതാണ് അവന് ഇഷ്ടം രണ്ടുമ്പ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിട്ടെന്ന് പറയുന്നു ഇവിടെ കേവലം തത്വബോധനമാണ് തത്വത്തെ ഉപദേശിക്കുന്നു ശ്രോതാവ് തത്വത്തെ ഗ്രഹിക്കുന്നു ഉപദേശിച്ചതുപോലെ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉപാസങ്ങളും മറ്റും കൊണ്ട് അതൊക്കെ ചെയ്യുക അതാണ് ഇവിടുത്തെ പ്രതിപാദനത്തിന്റെ കീ നാരദൻ ആവശ്യപ്പെട്ടതിന് ദുഃഖത്തിന്റെ മറുകരയിലെത്തിക്കണം സംസാരം ദുഃഖസമുദ്രമാണ് ഇതിന്റെ മറുവശത്തെത്തിക്കണം സനു കുമാറിനെന്താ ചെയ്യുന്നു പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്നു അത്രേ ഉള്ളൂ ആ പരമാർത്ഥത്വം ബോധിച്ചു കഴിഞ്ഞാൽ ബോധിക്കുന്നവൻ ഈ ദുഃഖത്തിനും മറുകരയിലായിരിക്കും അല്ലാതെ ദുഃഖത്തിന്റെ മറുകരിലേക്ക് നേരിട്ട് നയിച്ചുകൊണ്ടുവാൻ വേറെ വഴിയുന്നുണ്ട് ബോധിക്കുന്നുണ്ടെങ്കിൽ അടുത്ത് പറയുന്നു ശ്രുതി പറയുന്നു ഒരു കാര്യം ചെയ്യാൻ നീ കണ്ണടച്ച് ധ്യാനിക്കുക ഹൃദയത്തെ ധ്യാനിക്കുക വഴിയില്ലെങ്കിൽ അവിടെ ഒരു പുരുഷനുണ്ട് ആ പുരുഷൻ നിനക്ക് പ്രത്യക്ഷമാകും അതിനെ തുറന്ന് പിന്നെ മുമ്പോട്ട് പോകാം അങ്ങനെയുണ്ട് ധ്യാന സമാധികളിലൂടെയൊക്കെ മുമ്പോട്ട് പോകണം ഇവിടെ അതല്ല ഇവിടെ പരമാർത്ഥ ബോധനത്തിൽ ദർശനത്തിന് മുമ്പോട്ട് പോകും രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് അങ്ങനെ സങ്കല്പത്തിൽ കണ്ടിട്ട് മുന്നോട്ട് പോകുന്നു ഒരു പുരുഷനെ സങ്കല്പത്തിൽ കണ്ടിട്ട് അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് മുമ്പോട്ട് സഞ്ജീവിക്കുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മറ്റങ്ങനെയാണ് അതിനെ ബോധിച്ചിട്ട് പരമാർത്ഥ തത്വത്തിന്റെ ദർശന മുമ്പോട്ട് പോകുന്നു ഇന്ന് ഭാവനയെ കാണുന്ന ഇതങ്ങനെയാണ് ദർശനത്തിൽ ആ ദർശനം ആ ദോഷങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് വ്യക്തമായി കൊണ്ടിരിക്കും അതനുസരിച്ച് ദുഃഖം നിവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കും അതനുസരിച്ച് ശോകപാരം തരണം ചെയ്യും അങ്ങനെ രണ്ട് വഴികൾ ഇവിടെ പറയും പരമാർത്ഥത്തിന്റെ പരമാവധി ഭൂമി വിദ്യയിലൂടെ വിശദീകരിച്ചു കോസോ ആര് ആരാ വിശദീകരിച്ചത് ഭഗവാൻ വിശദീകരിച്ചത് കാരണം ഇവിടെ പറയുന്നു മൃദുദായ തമസ പാരം തരശ്ശേരി ഭഗവാൻ ശന കുമാര ഈ കഷായങ്ങളെല്ലാം മാറിയുണ്ട് മൃദുത്ത കഷായം അടുത്ത് ഇനി ഇതിവിടെ ഉപദേശം അവസാനിക്കുന്നുണ്ട് വീണ്ടും ആദ്യം പോലെ തുറങ്ങുന്നു ഇത്രയൊക്കെ പറഞ്ഞതിനു ശേഷം ഇനി പറയാനു ശേഷിക്കുന്നുണ്ട് പക്ഷെ ഈ കേൾക്കുന്നവൻ മൃദുത്ത കഷായനല്ലെങ്കിൽ ഈ പറയുന്നത് ശരിക്കും ഫലിക്കത്തില്ല തത്വത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കത്തില്ല അവന് പറഞ്ഞ തത്വശുദ്ധി അവനില്ലെങ്കിൽ ദോഷങ്ങളൊന്നും ആ തത്വഗ്രഹണത്തെ മൂടിക്കത്തില്ല അതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് കഷായത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് പറയുടേറ്റ കുറച്ചനുസരിച്ചാണ് ഇങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഒരാൾ തത്വത്തെ ശ്രവിച്ചു പക്ഷെ അയാൾക്കത് രുചി വരുന്നില്ല അടുത്ത ഭാഷകാരത് പ്രത്യേകം പറയും ഇതിന്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ആ ജീവന്റെ രുചിയാണ് ആഭിമുഖ്യം അതാണ് ഇവിടെ വലിയ തത്വത്തെ കുറിച്ച് മുക്തിയെക്കുറിച്ച് പറയുന്നു ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു മോക്ഷത്തെക്കുറിച്ച് പറയും അദ്വൈതത്തിൽ എങ്ങനെയാണ് എല്ലാം വിശദീകരിക്കും ശ്രുതിയും ഭാഷികൾ പക്ഷെ ഇതിനോട് രുചിയില്ലെങ്കിൽ കേൾക്കുന്നതോടനെ സംബന്ധിച്ചതെല്ലാം വ്യത്ഥം സംഭവിക്കും രുചിയില്ലാതെ കേൾക്കുമെന്ന് ചോദിക്കും രുചിയില്ലാതെ ഇങ്ങനെ കേൾക്കുന്നു അങ്ങനെയുണ്ട് സമയം കളയാൻ വേണ്ടി കേൾക്കും തിരുച്ചു വേണം ഇന്ന് വൈകുന്നതുവരെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വൈകുന്നേരം കുറച്ച് ജോലിയുണ്ട് അപ്പോൾ വൈകുന്നതുവരെ കടത്തിവിടാൻ എന്താ ഉപായം എന്നാൽ ടി വി കണ്ടുകൊണ്ടിരിക്കും സമയം പോകുന്നുണ്ട് ഇതെന്താ പ്രതിരുചിയുണ്ടായിട്ടാണ് അല്ല എന്റെ മനസ്സിൽ വൈകുന്നേരത്തെ പണിയാണ് അതേ ഉള്ളൂ തനിക്ക് അതുവരെയുള്ള സമയം കടന്നു പോകണം അതിന് വേണ്ടിയിട്ട് എന്തായാലും സമയം കടന്നു പോകും ഒന്നും ചെയ്തില്ല എന്നാൽ ടി വിയുടെ മുമ്പായിരിക്കും ഇത് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല കാരണം വൈകുന്നേരത്തെ പ്രവൃത്തിയുള്ള ആകാംക്ഷയിലിരിക്കുകയാണ് ആ പ്രവൃത്തിയിലേക്ക് എത്തിച്ചേരുമ്പോ എന്തൊക്കെയാ കടന്നുപോയെന്ന് ചോദിച്ചാൽ ഒന്നും ഓർമ്മയില്ല കാര്യമായിട്ടില്ല എന്തോ കണ്ടുപോയി അതുപോലെ ഇത് തത്വശ്രവണ അഭിരുചിയില്ലാതെയും സംഭവിക്കും കൃഷിക്കാരൻ കൂടി ആ കാര്യം എടുത്തു ചിലർക്ക് ഇതിന കേട്ടോണ്ടെന്നാൽ ഇതിന് താല്പര്യം കഷായം ദോഷം അതൊക്കെയാണ് തടസ്സമായിരിക്കും ശ്രദ്ധ വരുത്തേണ്ടത് പക്ഷെ എന്തെങ്കിലും അവർക്ക് ശ്രദ്ധ കാണുമല്ലോ ഇതല്ലെങ്കിൽ വേറെന്തോ ശ്രുതിയാ അതാ ചെയ്യുന്നു അവർക്ക് ഏതിനാണോ ശ്രദ്ധ അതിനെ ഉറപ്പിക്കുന്നത് അത് ചിലടത്ത് കർമ്മത്തിലായിരിക്കും ചിലയിടത്ത് ഉപാസനത്തിലായിരിക്കും ഇത് രണ്ടേ ഉള്ളൂ അത് സർവവും അന്തർഭവിച്ച് ഒന്നുകിൽ എന്തെങ്കിലും ബാഹ്യമായി ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായി ചെയ്തുകൊണ്ടിരിക്കും മനോരഥമായിട്ടും സങ്കല്പ ലോകത്തിലും ഇതാണ് സാധാരണ ജീവന്റെ സ്വഭാവം ഒരാൾക്ക് തത്വം നിഷ്ഠനാകാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ട് വഴിക്ക് ഏതെങ്കിലും വഴിക്കുന്നു കർമ്മത്തെക്കുറിച്ച് വേണ്ടതിനധികം ചർച്ച ചെയ്ത് കഴിഞ്ഞു അത് മടുത്തു കഴിഞ്ഞു തത്വജ്ഞാനത്തിലേക്ക് വരുന്നു മനസ്സ് കുറയ്ക്കുന്നില്ല ശ്രദ്ധ വരുന്നത് താല്പര്യം വരുത് എന്നാൽ അവന് അടുത്ത് പറയുന്നു പാസ് അതാണ് അടുത്ത ഭാഗം എന്തുകൊണ്ട് പറയുന്നു അതിനാണ് രുചി ഇവിടെ രുചി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടിവിടെ പ്രത്യേകം പറഞ്ഞെന്താണോ സ്മൃതി കഷായ ആ തടസ്സങ്ങളെല്ലാം മാറിയതിലൂടെ ശ്രദ്ധ വന്നു തമസഹ വിദ്യാലക്ഷണാത് പാരം പരമാർത്ഥ തത്വം ദർശയതി അവിടെ ആ തത്വത്തെ ബോധിപ്പിക്കുന്നു ഇവിടെ തത്വബോധനം സംഭവിക്കുന്നു പിന്നെ അവിടെ ചെയ്യാനൊന്നും അതിന് താൽപ്പര്യം അവിടെ എങ്ങനെ നാരദനാഗ്രഹിച്ചത് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നാണ് വിചാരിച്ചത് അല്ലേ സമുദ്രം എങ്ങനെ തരണം ചെയ്യാമെന്നു വച്ചാൽ അവിടെ ഉണ്ട് ഒന്നുകിൽ വെള്ളം വേണം അല്ലെങ്കിൽ നീന്തണം അതിന് ഉപായങ്ങളുണ്ട് അഭ്യാസങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ അപ്പം തമ്മിൽ സമുദ്രത്തിൻ്റെ തരണം ആഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഉപായങ്ങളാണ് പ്രവൃത്തികളാണ് ഇവിടെ അതല്ല ഒരു പ്രവൃത്തിയും നിർദ്ദേശിക്കുന്നു ഇവിടെ അവിദ്യാലക്ഷണത് പാരം ശോകപാരം എന്ന് പറയുന്നത് പരമാർത്ഥ തത്വം തന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല ബോധിക്കാനേ ആത്മാവാരെ ദ്രഷ്ടവ്യത് ബോധിക്കണം അത് ബോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എപ്പോൾ ഉപദേശിക്കുന്നു പിന്നെ ശ്രോതവ്യ വീണ്ടും കേൾക്കുക മന്ദവ്യ നിതിധ്യാസവ്യ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം തത്വജ്ഞാനത്തെ സംബന്ധിച്ച് പോലും അങ്ങനെയാണ് പിന്നെ ഉപാസനുള്ള കാര്യം പറയാനുണ്ട് ഇവിടെ എന്ത് ചെയ്തു തത്വത്തെ ബോധിപ്പിക്കുന്നു ദർശിതവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉപദേശത്തിനുള്ള തസ്മി യോഗ്യായ മൃദുതകക്ഷരും അങ്ങനെ നാരദൻ യോഗ്യനാണെങ്കിൽ എന്തുകൊണ്ടി നേരത്തെ ബോധിച്ചിരുന്നു നേരത്തെ തന്നെ സർവശാസ്ത്രം ഗ്രഹിച്ചോ ഇനി ഉപദേശിച്ചപ്പോ യോഗ്യത വന്നതാണോ പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ യോഗ്യതയ്ക്ക് ഉപദേശം മാത്രം മതിയുള്ള വേറൊന്നും വേണ്ടല്ലോ ഉപാസനകളും കർമ്മങ്ങളും കർമ്മയോഗമൊന്നും വേണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംശയമില്ല ഇപ്പോ നാരദൻ യോഗ്യൻ തന്നെ എന്തുകൊണ്ട് കാരണം സനത് കുമാറിനെ പോലെ ഇവിടെ ശ്രുതി തന്നെ സനത് കുമാറിനെ കുറിച്ച് പറയുന്നതാണ് ഭഗവാൻ അങ്ങനെയുള്ള ഒരു ഗുരുവിനെ സമീപിക്കാനുള്ള യോഗ്യത ഉണ്ടല്ലോ ഒന്നാല് തന്നെ യോഗ്യം തന്നെയാണ് മൃദുത കഷായനാണ് കഷായങ്ങളെല്ലാം രാഗാദികളെല്ലാം പോയവൻ തന്നെയാണ് പിന്നാ തത്വം പ്രകാശിക്കാത്തത് ഇവിടെ സനക്കുമാരൻ ഭഗവാൻ സനക്കുമാരൻ എങ്ങനെയാണോ അത് വെളിപ്പെടുത്തിയത് അതുപോലെ മറ്റൊരാള് നാലുതന്നെ അത് വെളിപ്പെടുത്തി കൊടുത്തില്ല അതുകൊണ്ട് നാലുതന്നെ അത് വെളിപ്പെട്ടില്ല സന്തകുമാറിനെങ്ങനെ പറയുന്നു തത്വത്തഗ്രഹിക്കുന്നവനായി അങ്ങനെയുള്ള ഒരാളായിട്ട് തത്വഗ്രാഹിയായി എന്നറിയാം അത് ഈശ്വര തുല്യനായി എന്ന് പറയാം ഐശ്വര്യങ്ങളുള്ളവനായി ഭഗവാൻ എന്ന് പറഞ്ഞതാണ് ഉത്പത്തിയും പ്രളയം പറഞ്ഞിരിക്കുന്നു രണ്ടു തരത്തിൽ യോജിക്കാം ജഗത് സൃഷ്ടാവായ ഭഗവാൻ ഇത് യോജിക്കും അവിടെ ഉത്പത്തി പ്രളയം ഭൂതങ്ങളുടെ ഗതി ആഗതി വിദ്യ വിദ്യ എന്നറിയുന്നുണ്ടെന്ന് ഇനി മറ്റൊരു തരത്തിൽ യോജിപ്പിക്കും എന്താ യേശ സർവേശ്വരൻ സർവേശ്വരനാണ് തുര്യനായിരുന്നു കൊണ്ട് സർവേശ്വരനായിരിക്കുന്നു ആത്മജ്ഞാനി എന്നുള്ള അർത്ഥത്തിൽ ുമാര സനത്കുമാരൻകുമാരൻ സ്കന്ത ഇത്യാദക്ഷത സ്കന്ദനെന്ന് സനത് കുമാരൻ്റെ പേരുണ്ട് മുഴുവനും പറയാറുള്ള സ്കന്ത ഇവിടെ തത്വജ്ഞൻ എന്നുള്ള ആർക്കുണ്ട് ഇത് ഈ ശബ്ദങ്ങൾക്കുമ്പോൾ നമ്മൾ പുരാണങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കരുത് പുരാണമായിട്ടാണ് അനുബന്ധപ്പെടുന്നത് ശ്രുതി പറയുന്നതല്ല എന്താണ് ഓരോ ആഖ്യായികയാണ് സംഭവകഥകളല്ല പറയുന്നത് എന്നും ഭാഷകാലം പറഞ്ഞിട്ടുണ്ട് തത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഓരോന്നിനിങ്ങനെ അവതരിപ്പിക്കണം ഓരോ കഥാപാത്രങ്ങൾ അങ്ങനെ ുള്ളൊരു കഥാപാത്രമാണ് ഇവിടുത്തെ സനത്കുമാരൻ തദ്വിദനത് കുമാരന് തത്വജ്ഞൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സ്കന്തൻ എന്ന് പറയുന്നത് സർവൈശ്വര്യങ്ങളും ഉള്ളവനെന്നുള്ള നിലയ്ക്ക് ഭഗവാനെന്ന് പറയുന്നു അങ്ങനെയുള്ള ഒരാൾ നാലതിന പോലെ ഉള്ളവരും ഉപദേശിക്കുന്നു പരമാർത്ഥതം ദർശയതി എന്ന് വെച്ചാൽ ബോധയാണ് ബോധിക്കുന്നു കാണിച്ചു കൊടുക്കുന്നു കാണുന്നു എല്ലാം ഒരേ സമയം നടക്കുന്നു അതിന് ഉള്ള യോഗ്യതകളെല്ലാം തികഞ്ഞിരുന്നു മാറി ഇനി അതിന് എന്തെങ്കിലും തടസ്സമായിരുന്നുണ്ടെങ്കിൽ അജ്ഞാന സംശയാദി ദോഷങ്ങൾ അങ്ങനെ ഇരുന്നെങ്കിൽ അതും ബോധനത്തിൽ ഇല്ലാതായി ബോധനം കൊണ്ടുള്ള കുറെ വിനോദം ഇപ്പോ പരമാർത്ഥ തത്വത്തെ ദുഃഖത്തെ മറികടക്കുന്നതിനുള്ള ഉപായം മറ്റുള്ള ഉപായങ്ങളെല്ലാം ആപേക്ഷിക്കുന്നത് ദുഃഖത്തെ മറികടക്കുന്നതിന് നമ്മൾ ഒരുപാട് ഉപായങ്ങൾ പറയാറില്ല പരമാർത്ഥ തത്വബോധനമല്ലാത്ത ഉപായം പുരുഷ ഉപായങ്ങളെല്ലാം ആത്യന്തികമായ ദുഃഖം നിവൃത്തിക്ക് ഉപകരിക്കുമായിരിക്കും പക്ഷെ തൽക്കാലം ദുഃഖം നിവർത്തി ഇവിടെ പറയുന്നത് പരമാർത്ഥത്വം വരുന്നത് തൽക്കാലം തൽക്കാലം തന്നെ ദുഃഖം നിവർത്തി ഉപദേശകാലത്തിൽ തന്നെ ദുഃഖം നിവർത്തിക്ക് ഉപകരിക്കുന്ന ഒരാള് പറയുന്ന ഒരു മന്ത്രം ജപിക്കുക അതിന്റെ അനുഷ്ഠാനം തന്നെ ക്ലേശകരമാണ് ആ കാലാന്തരത്തിൽ അത് ദുഃഖം നിവർത്തിക്ക് ഉപകരിക്കും പക്ഷെ തൽക്കാലം പരമാർത്ഥ തത്വബോധനം അത് തത്കാലത്തിൽ തന്നെ ദുഃഖ നിവൃത്തി ഉണ്ടാക്കുന്നു അങ്ങനെ യോഗ്യത ഉള്ള ഒരു വൻ ആ ദുഃഖ നിവൃത്തിക്ക് എന്തൊക്കെയാണോ തടസ്സമായിരുന്നത് അതിനെല്ലാം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് അതാണ് എന്തെങ്കിലും യോഗ്യതയുടെ ന്യൂനതകളുണ്ടെങ്കിൽ അതും പരിഹരിക്കുന്നു അങ്ങനെ ബോധിപ്പിക്കുന്നു ദുഃഖ നിവൃത്തിയുടെ സ്വരൂപം ഇവിടെ ദുഃഖം നിവൃത്തി എന്ന് പറയുമ്പോൾ സാറിന് മനുഷ്യനെന്താണോ ദുഃഖം നിവൃത്തി ആഗ്രഹിക്കുന്നില്ല നമ്മൾ സാറിന് പറയാറുണ്ട് എല്ലാവരും ദുഃഖം നിവൃത്തി ആഗ്രഹിക്കുന്നു പൂർണ്ണമായും ശരിയല്ല സാറിന് ജീവന്മാർ ദുഃഖം നിവൃത്തി ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് കാരണം ദുഃഖം എന്ന് പറയുന്നത് മനുഷ്യന് മനസ്സിലാക്കുന്നത് ദുഷ്ട ദുഃഖത്തെയാണ് ദുഃഖം അത് അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ നിവൃത്തി അത് ആഗ്രഹിക്കുന്നുണ്ടാവും മനുഷ്യൻ ദുഷ്ട ദുഃഖം നിവൃത്തി പക്ഷെ അത് ദുഃഖം നിവൃത്തിയാകട്ടെ എന്തുകൊണ്ട് അത് നിവർത്തിച്ചാലും വീണ്ടും ദുഃഖം വരും അപ്പൊ അതിനെങ്ങനെ ദുഃഖം നിവൃത്തിയെന്ന് പറയാൻ പറ്റും ദുഃഖം നിവൃത്തി വെച്ചാൽ ദുഃഖം നിവർത്തിച്ചാൽ പിന്നീട് ദുഃഖം വരാതിരിക്കുക നല്ല ദുഃഖം നിവൃത്തി എന്ന് പറയാൻ പറയാൻ പറ്റും വിശപ്പ് വന്ന് ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറി എന്താ വിശപ്പ് നന്നായി മാറിയോ ഇല്ല അതെപ്പോഴെങ്കിലും മാറുന്നുണ്ടോ ഒരിക്കലും വീണ്ടും വിശക്കുന്നു വീണ്ടും ഭക്ഷണം കഴിക്കുന്നു വീണ്ടും വിശപ്പ് ഇതിങ്ങനെ തുറന്നുകൊണ്ടേ ഒരു തവണ ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറിയെന്ന് പറഞ്ഞ് അത് വിശപ്പ് മാറിയതായും കണക്കാക്കാൻ പറ്റും തത്കാലം അപ്പോൾ ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് താത്കാലികമായ ദുഃഖം നിവൃത്തി അതിനുള്ള ഉപായങ്ങളെ മനുഷ്യൻ ചിന്തിക്കുന്നുള്ളു അത് ദുഃഖനിവൃത്തിയല്ല എന്തുകൊണ്ട് വീണ്ടും ദുഃഖം വരുന്നു അതുകൊണ്ട് ദുഃഖം നിവൃത്തി വാസ്തവത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല താത്കാലിക ഉപായങ്ങളല്ല താത്കാലിക നിവൃത്തി അല്ലാതെ അതിന് ദുഃഖ നിവൃത്തി എന്ന് പറയാൻ പറ്റില്ല കാരണം വീണ്ടും ദുഃഖം അവിടെ നിലനിൽക്കുന്നു നമ്മൾ നിർദ്ദേശിക്കുന്ന ഉപായങ്ങളും ദുഃഖം നിവർത്തിക്കുള്ള ഉപായങ്ങളും കാരണം അങ്ങനെ ഒരു സങ്കല്പം ഇല്ല എത്രയോ മന്ത്രം ജീവിച്ചു എന്തെല്ലാം അഭ്യാസങ്ങൾ ഭജിച്ച് പൂജിച്ച് എന്താ ദുഃഖം നിവർത്തിച്ചു ആത്മാർത്ഥമായിട്ട് ഒരാഴുന്നേറ്റം എന്ന് പറയാം എന്റെ ദുഃഖം നിവർത്തിച്ചിരിക്കുന്നു ഞാൻ പത്ത് വർഷം ഇന്നത് ചെയ്തു ഇരുപത് വർഷം ഇന്നത് ചെയ്തു പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ആണിനോ പെണ്ണിനോ ധൈര്യമുണ്ടോ പറ്റത്തില്ല ആത്മാർത്ഥമായി പറയാൻ പറ്റത്തില്ല കാരണം ദുഃഖം നിവൃത്തി സംഭവിക്കുന്നില്ല താത്കാലികമായ ഉപായങ്ങളിലൂടെ താത്കാലികമായി സംഭവിക്കുന്നു അതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലവരെ ദുഃഖം നിവൃത്തി ആരും ആഗ്രഹിക്കുന്നില്ല അതിനൂടെ ആഗ്രഹിച്ചത് ദുഃഖ നിവൃത്തിയാണ് പക്ഷെ അവസാനിത് നിഗമനം എന്താണോ പരമാർത്ഥ തത്വബോധനം അത് പരമാർത്ഥ തത്വം ദർശിത ആ പരമാർത്ഥ തത്വ ദർശനത്തിൽ മാത്രമേ ദുഃഖം നിവൃത്തി സംഭവിക്കത്തുള്ളൂ നാരദൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിരുന്നൊന്നും അറിയാൻ എന്തായാലും അതാണ് സംഭവിച്ചത് അതെന്തുകൊണ്ട് സംഭവിച്ചു സനത് കുമാരൻ ഉപദേശിച്ചു അതുകൊണ്ടാണ് സനത് കുമാറിന്റെ ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഭഗവാനാണ് ആത്യന്തികമായ ദുഃഖം നിവൃത്തിയത് സംഭവിക്കുന്നു അതാണ് ഭൂമിവിദ്യയുടെ ഫലം പക്ഷെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ശരി സനത് കുമാരൻ പറഞ്ഞത് എന്താണെന്നൊക്കെ ഏറെക്കുറെ മനസ്സിലായി പക്ഷെ വിശേഷിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ലല്ലോ നിരാശപ്പെടില്ല ശ്രുതി അവസാനിപ്പിക്കുന്നില്ല ശ്രുതി വീണ്ടും തൊട്ടേ തന്നോളത്ത് പറയുന്നത് യുദ്ധീതി ഭേദശൂന്യം ബ്രഹ്മ സദേഹമേവം ആത്മേ വേദം സർവമിതി ഇതാണ് പരമാർത്ഥ തത്വം ഉദ്ദാലകൻ ഉപദേശിച്ചതും സനക്കമാരോട് ഉപദേശിച്ചതൊക്കെ ഇതുതന്നെയാണ് ഈ ബോധം കൊണ്ടേ ദുഃഖം കൂടി സംഭവിക്കത്തുള്ളു ദിഗ്ദേശകാലാതിഭേദശൂന്യം ബ്രഹ്മ സതീകമേവോ അദ്വിതീയം ആത്മീയവേദം സർവം എല്ലാം പറയുകയാണ് ഷഷ്ടസപ്തമിയൊരധികം അതെല്ലാം ഇതുവരെ കടന്നുപോയത് തഥാവി ഇതെല്ലാം കടന്നുപോയി ഇതെല്ലാം കേട്ടു പക്ഷെ അവിടെ ചേതഗേതുവിനും സംഭവിച്ചതുപോലുള്ള ആത്മബോധമോ നാരദനും സംഭവിച്ചതുപോലുള്ള ദുഃഖ നിവൃത്തിയോ ഒന്നും സംഭവിച്ചില്ല എന്തുകൊണ്ട് കഥാവിഹ മന്ദബുദ്ധീന ദിഗ്ദേശാദിഭേദവത് വസ്തുവം ഭാവിത ബുദ്ധിന്ന ശക്തി സഹസാ പരമാർത്ഥ വിഷയ അർത്ഥം പക്ഷെ എങ്ങനെ ദിഗ്ദേശാദി ഭേദവത് വസ്തു ഭാവിതാ ബുദ്ധി ബുദ്ധി വേറെ തരത്തിലായിപ്പോയി ബുദ്ധി വേറെ തരത്തിൽ ട്യൂൺ ചെയ്തിരിക്കും അങ്ങനെ ആയിപ്പോയി ഭാവിതമായിരിക്കും തോന്നുന്നത് എങ്ങനെ ദിഗ്ദേശാദി ഭേദവത് വസ്തു വശങ്ങളായി ഇത് ശീലിച്ചു വെച്ചിരിക്കുകയുണ്ട് ദിഗ്ദേശ ഭേദപത്തായി പരമാർത്ഥ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു അതിന് അപരിച്ഛിന്നമായിരിക്കുന്നതിനെ പരിച്ഛിന്നമായി ഗ്രഹിച്ചു പോയി മനസ്സ് സ്വയം തന്നെ മനസ്സിനെ സങ്കുചിതമാക്കി തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു നാമരൂപങ്ങളിൽ മനസ്സ് കുടുങ്ങിക്കിടക്കുന്നു അതിന് പറയുന്ന പേരാണ് മന്ദബുദ്ധി നമ്മൾ സാധാരണ പറയുന്ന മന്ദബുദ്ധി എന്നുള്ള അർത്ഥത്തിലല്ല കാരണം അന്തബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തോ തലച്ചുകൊണ്ട് തകരാറ് വന്നവരാണ് ഇത അങ്ങനെ ധരിക്കുന്നു ഇത് ഈ പറയുന്ന ഉപദേശ തത്വത്തെ ആ തരത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് അതിന് തടസ്സമായി വേറെ ചില ധാരണകൾ മനസ്സിലിരിക്കുന്നു ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പം ആത്മാവിനെ കുറിച്ചുള്ള സങ്കല്പം ബ്രഹ്മത്തെക്കുറിച്ചുള്ള സങ്കല്പം ബന്ധമോഷങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം ദുഃഖം ദുഃഖ നിവൃത്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇതെല്ലാം വേറെയായിരിക്കും വേറെയായെന്ന് മാത്രമല്ല ഭാവിത അതങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ന ശക്തി സഹസ പരമാർത്ഥ വിഷയോ കടത്തും അതിനെ പെട്ടെന്ന് മാറ്റി ഈ പരമാർത്ഥ വിഷയത്തിൽ പെട്ടെന്ന് സഹസ ഉടൻ തന്നെ പറഞ്ഞുണ്ടോ ഉപദേശത്തിൽ തന്നെ ബോധനം അതാണ് ഇവിടെ ശ്രുതി പറയുന്നത് അങ്ങനെ അങ്ങോട്ട് ബോധിക്കാൻ പറ്റുന്നില്ല വേറെ വേറെ തരത്തിലായിപ്പോയിത്തും അതായത് ഭേദബുദ്ധിയോടുകൂടിയുള്ള ഉപാസനകളും മറ്റും ചെയ്ത് മനസ്സതിൽ ഉറച്ചുപോയി നടത്തും അങ്ങനെ ഉറച്ചുപോയ ഒരാൾക്ക് സഹസ പെട്ടെന്ന് പരമാർത്ഥവിഷയോ ഈ പറയുന്ന പരമാർത്ഥ തത്വബോധത്തെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും അത് ആരെങ്കിലും കുറ്റമാണോ അല്ല ശീലിച്ചത് മാറാൻ പറ്റുന്നില്ല എന്നർത്ഥം അയാളുടെ എല്ലാ ഉപാസനകളും എല്ലാ അഭ്യാസങ്ങളും എല്ലാം ഭേദദൃഷ്ടി ആശ്രയിച്ചിട്ടാണ് അനധിഗമ്യജ ബ്രഹ്മ പുരുഷാർത്ഥ സി ശരി ഒരുവന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതി നീ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു നമുക്ക് തത്വമസയും വേണ്ട അധ്യമവിദ്യയും വേണ്ട പറയുന്നു അനധിഗമ്യജ ബ്രഹ്മ എന്ന പുരുഷ പക്ഷെ പുരുഷാർത്ഥ സദ്യ ഉണ്ടാകത്തില്ല ഭാഷ്യകാരന്റെ അഭിപ്രായമാണ് ശ്രുതി എങ്ങനെയാണോ പറഞ്ഞത് അതിനെങ്ങനെയാണോ ഭാഷ്യകാരൻ വെളിപ്പെടുത്തിയത് അത് ആ രീതിയിൽ ഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ പുരുഷാർത്ഥ സുദ്ധി സാധ്യമല്ല ബാക്കി എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചെയ്യുന്നതിന് ഫലം ഉണ്ടാകും പക്ഷെ പുരുഷാർത്ഥ സുദ്ധി ഉണ്ടാകത്തില്ല അഭിനയനി എന്താ വഴി എന്താണോ ശ്രുതി വെളിപ്പെടുത്തുന്നത് അതൊട്ട് കഴിയുന്നില്ല താൻ വേറെ സ്ഥലത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട് അടിച്ച വഴി പോയി എന്നില്ലെങ്കിൽ പിന്നെ പോയ വഴി അടിക്കുക അതാണ് അടുത്ത് പറയുന്നത് തത് അധികമായ എന്നാൽ അങ്ങനെ ഒരു എൻ്റെ നിലയിൽ നിന്നുകൊണ്ട് ഇത് ചെറിയാരെയും നിരാശപ്പെടുത്തുക നീ മന്ദ ബുദ്ധിയെന്ന് പറഞ്ഞ് വിളിച്ച് ആക്ഷേപിച്ച് അവനെ നിരാശപ്പെടുത്തുകയല്ല സ്വന്തം നിലയെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവനെ ബോധിക്കണമല്ലോ ചെയ്തു ആ തത്വത്തെ അവന്റെ നിലയ്ക്കനുസരിച്ച് ബോധിക്കുന്നത് ഹൃദയപുണ്ടരി ഇദ്ദേശം ഉപദേഷ്ടിക്കുക അതിനു വേണ്ടിയിട്ട് അവൻ ഉപാസനയെ നിർദ്ദേശിക്കും ഒരു സ്ഥാനം നീന്നതി ചെയ്യുക അത് അവന് ആ ഉപാസനയുടെ ഫലമായി എന്ത് അത് ഗ്രഹിക്കാം അതും പുരുഷാർത്ഥ സദ്യക്കുള്ള ഉപായമാണ് ഇത് ഇങ്ങനെ മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കും ഇവിടുത്തെ കർമ്മത്തിന് നിർദ്ദേശിക്കും പിന്നെ ഉപാസനയെ നിർദ്ദേശിക്കും വീണ്ടും തത്വത്തെ പറയും വീണ്ടും തിരിച്ച് ഉപാസനയിലേക്ക് പോവും ചോദിക്കും ഞാൻ ഇത്രയും തത്വത്തെയൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനി ഞാൻ വീണ്ടും ഉപാസനയിലേക്ക് പോകണം ആ തത്വത്തെ മനസ്സിലാക്കിയിട്ട് പിന്നെ ചോദ്യം വരുന്നില്ല മനസ്സിലായില്ലെങ്കിൽ വരെ വഴിയില്ല ഉപാസനയോട് വഴി ഉപാസന കർമ്മയോഗം ആ വഴിക്ക് പിന്നെ പോകേണ്ടി വരും പോരായ്മകളെ പരിഹരിക്കുന്ന അതുകൊണ്ടെന്താണ് ഹൃദയപുണ്ഡലീകദേശ ഉപദേഷ്ടം നിർഗുണം പ്രത്യേക വിഷയം പറയുന്നു ഇതാണല്ലോ പരമാർത്ഥം ആത്മതത്വം അതല്ലേ ഇതുവരെ പറഞ്ഞത് വീണ്ടും എന്തിനാ തിരിച്ചുപാസനയിലേക്ക് പോകുന്നു അതാണല്ലോ സത്തായിരിക്കുന്നത് സമീപം ശരിയായ ബോധം അതിന്റെ വിഷയമാണല്ലോ നിർഗുണം ആത്മതത്വം ആത്മതത്വം ഇതുവരെ ഭൂമിവിദ്യ അതാണല്ലോ ശരിയായ ബോധം അതാണല്ലോ പരമാർത്ഥം അതാണല്ലോ ഗ്രഹിക്കേണ്ടത് അതാണല്ലോ ഉപകരിക്കുന്നത് അതിനെക്കുറിച്ച് ഇത്രയെല്ലാം ബോധിച്ചു കഴിഞ്ഞു തഥാപി സംഗതി ശരി തന്നെയാണ് എങ്കിലും മന്ദബുദ്ധിന ഗുണവത്വശിഷ്ട പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോ രുചിയുണ്ട് ഓരോരുത്തർക്കോരോ താല്പര്യങ്ങളുണ്ടോ അത് വിട്ടുപോകാൻ പറ്റത്തില്ല അതിൻ്റെ എന്താ അതിന് കാരണം അത് മന്ദബുദ്ധിത്വം എന്നെ ഒന്നേ പറയാൻ പറ്റും ആ ബുദ്ധി സൂക്ഷ്മതയില്ല പറയു ഭക്ഷകൻ ഇഷ്ടമുള്ള പദമാണ് ഈ മന്ദബുദ്ധി കാരണം ലോകത്തിൽ കൂടുതലും മന്ദബുദ്ധിയുള്ള അതുകൊണ്ട് മന്ദബുദ്ധികൾക്ക് ഗുണവത്വശിഷ്ടത്വം അവർക്ക് ഈ പറയുന്നതിനോട് താല്പര്യം വരുന്നില്ലല്ലോ കേൾക്കാൻ കൈകാലും കൂട്ടിക്കെട്ടി പിടിച്ചു മുമ്പയിലെത്തിയാലും കേൾക്കാൻ താല്പര്യം വരുന്നില്ല എന്തുകൊണ്ട് ഗുണവത്വ ശ്രേഷ്ഠ ഇഷ്ടം മേലെയാണ് ഈ പറയുന്നതിന് എല്ലാവർക്ക് താല്പര്യം രൂപത്തെ ഇഷ്ടപ്പെടുന്നവനോട് നീരൂപതയെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരാകാരത്തെ ഇഷ്ടപ്പെടുന്നവനോട് നിരാകാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ ഈ ഒരു അവസ്ഥ ഇത് ശ്രുതിയും മനസ്സിലാക്കുന്നുണ്ട് എന്നോടൊത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നോട് ഇതിന്റെ ആഭിമുഖ്യം വരത്തില്ല അപ്പൊ സനത് കുമാരൻ പറഞ്ഞാലും മറിച്ച് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളുണ്ട് ഗുണവത്വ ശ്രേഷ്ഠത്വ സാര സാധാരമാണ് അയാൾക്കിഷ്ടം സഗുണഭാവങ്ങളാണ് അയാൾക്കിഷ്ടം അതിനനുസരിച്ചുള്ള ഭേദദൃഷ്യോടുകൂടിയുള്ള ഉപാസനയാണ് താല്പര്യം എന്ത് ചെയ്യുന്നു സത്യകാമാതി ഗുണവത്വം ചത്വം എന്ന് പറയുന്നു അങ്ങനെ ഗുണമുള്ളൂ സത്യകാമാതി ഗുണമുള്ള ഒരു ബ്രഹ്മത്തന്നുദ്ദേശിച്ചു നീ ആ ഗുണങ്ങളോ ഉപാസിക്കുക അവിടെയാണ് ദൌണഭക്തിയുടെയും മറ്റ് സ്ഥാനം ഉപാസനകളുടെ സ്ഥാനം കർമ്മയോഗത്തിന്റെ സ്ഥാനം അത് ഇപ്പം ചുരുക്കത്തിൽ എന്തായി ശ്രുതിക്ക് പക്ഷപാതമില്ല ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് ഒരാൾക്ക് എന്തിനാണോ രുചി അത് പക്ഷെ പരമാർത്ഥം എന്താണെന്ന് പറയുന്നു പരമാർത്ഥത്തിലാണ് രുചി വേണ്ടത് ആ പരമാർത്ഥത്തിൽ രുചിയുള്ള ഒരാളിനെയാണ് വീട്ടിലെടുത്ത് കാണിച്ചത് നാരദ അതുകൊണ്ട് നാരദിനെ അത് ബോധിച്ചപ്പോൾ ബോധ്യപ്പെട്ടു പല പുരുഷാർത്ഥ സിദ്ധിയോടെ കൈവരിച്ചു പക്ഷെ ജീവന്മാരെല്ലാം അങ്ങനെ ഉണ്ടല്ലോ രുചിയില്ലാത്തവർക്ക് എന്താ അവർക്ക് പറ്റിയത് കർമ്മയോഗമാണെങ്കിലും അതിൽ അതാണ് ഗുരുക്കന്മാർ ആചാര്യന്മാരെല്ലാം ചെയ്യും പലതരത്തിലുള്ള ശിഷ്യന്മാരെ ഒത്തുകൂടുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് അവരെ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങളും നിയോഗിക്കുന്നു നീനത് ചെയ്യുക നീനത് ചെയ്യുക യോഗ്യതയെ മനസ്സിലാക്കിയിട്ടത് നിർദ്ദേശിക്കുന്നു അതനുസരിച്ച് പോവുക അതനുസരിച്ച് പോകുന്നതിന് നല്ല ഗുണമുണ്ടാവും അപ്പോൾ ഒന്നും അനാവശ്യമൊന്നോ വേണ്ടാത്തതൊന്നോ നിർഗുണം ശ്രേഷ്ഠമാണ് സഗുണം മോശമാണെന്നല്ല പറയുന്നത് താർത്ഥത്തിലല്ല ഓരോ അധികാരിക്കും അതാത് ശ്രേഷ്ഠൻ തന്നെയാണ് നിർഗുണത്തിന് അധികാരിയായിരിക്കുന്ന അതിന് ശ്രേഷ്ഠ ശ്രേഷ്ഠം തന്നെ സഗുണത്തിന് അധികാരിയായിരിക്കുന്ന അവിടെ ശ്രേഷ്ഠനാണ് അല്ല താരതമ്യം ചെയ്തിട്ട് ഒരാള് ശ്രേഷ്ഠന്മാരാണ് മറ്റൊരു മോശക്കാരാണ് അങ്ങനെയല്ല പറയുന്നത് യോഗ്യതയ്ക്ക് അനുസരിച്ച് ഗുണവത്വ ഇഷ്ടത്വം അതിഷ്ടമായതുകൊണ്ട് അതും പറയുന്നു ശ്രുതി അപ്പോൾ ആ സഗുണഭാവത്തിൽ ധ്യാനിക്കുക പക്ഷേ ശ്രുതി പറയുക അതിൻ്റെ ഫലം അത് പരിമിതമാണ് അതും ഒരു ഉപായം തന്നെ പക്ഷെ ആത്യന്തികമായ പുരുഷാർത്ഥങ്ങൾ അല്ലെങ്കിൽ നാരദനം സംഭവിച്ചതുപോലെയുള്ള ആത്യന്തികമായ ദുഃഖം നിവൃത്തി അത് ഭൂമിവിദ്യയിലൂടെ സാധ്യമാകും തഹ്മവിദ സ്ത്രീയാദിവിഷയേഭ്യ സ്വയമേ പരമോഭവതി തനേക ജന്മവിഷയ സേവാഭ്യസനിത വിഷയ വിഷയാ തൃഷ്ണ സഹസ്ര ഇന്ന് വൃത്ത ഇതും ശക്തിരീതി ബ്രഹ്മചര്യാദി സാധന വിശേഷവും വിധാത്ത അതുമാത്രമാണ് ഇവിടെ പറയുന്നത് നാരദിനെ കുറിച്ച് പറഞ്ഞു എന്താണ് മൃദദ കഷായ ദോഷങ്ങളെല്ലാം മാറി കറകളെല്ലാം മാറി പക്ഷെ എല്ലാവരും അങ്ങനെയായിട്ടുണ്ടോ ഇവിടെ ഇപ്പം പറയുന്നു മന്ദബുദ്ധികൾ എന്ന് പറയുന്നു അവർക്ക് ഇച്ഛകൾ കാണും കാണും ുഭവത്തിനുള്ള ആഗ്രഹങ്ങൾ കാണും അപ്പോ അതിനെ നിരോധിക്കുന്നുള്ള ഉപായങ്ങളും നിർദ്ദേശിക്കണം ബ്രഹ്മജ്ഞാനി വിട്ടയ്ക്ക് അതുകൊണ്ട് പറയുന്നു ബ്രഹ്മവിതാം സ്ത്രീയാദി വിഷയത്തി സ്വയമേവ ഉപരമോ ഭവതി ബ്രഹ്മജ്ഞാനിയാണ് ആത്മനിഷ്ഠനാണ് അപ്പോൾ അയാൾ അതിന് വിരുദ്ധമായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം സ്വയം ഉപരതനായിരിക്കും പ്രിയാദി വിഷയങ്ങളെന്ന് പറഞ്ഞു ഏത് വിഷയങ്ങളാണോ ഗുരുവിനെ പ്രലോഭിപ്പിക്കുന്ന ആ പ്രലോഭനങ്ങളിൽ നിന്ന് അയാൾ മുക്തനായിരിക്കും അത് ഞാനീടെ കാര്യം പറയും സാധകൻ അങ്ങനെ അല്ലല്ലോ അയാളുടെ മനസ്സ് പ്രലോഭനങ്ങൾക്ക് ഏത് സമയം വഴിപൊട്ടുപോകാം അതും സ്വയം നശിക്കുക സ്വയം ഉപരിധി അവിടെ സംഭവിക്കത്തില്ല പിന്നെന്ത് വേണം ആ വിഷയ ഉപരത്തക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അയാൾ അഭ്യസിക്കേണ്ടി വരും തത്വജ്ഞന്റെ ഭാവം എന്താണ് ആത്മീയവേദം സർവമയുടെ വിഷയവിഷയീഭാവം അതുകൊണ്ട് തത്വജ്ഞനെ പ്രലോഭിപ്പിക്കാനൊന്നുമില്ല പക്ഷേ അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെ അല്ല അയാളുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിന് അയാൾക്ക് സാധന വേണം കൃഷ്ണ വിഷയവിഷയ കൃഷ്ണ എന്ന സഹസാന്ന് പുറത്തേക്കും അയാൾക്ക് പെട്ടെന്ന് ഈ ആത്മബോധത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ കൃഷ്ണകളിൽ നിന്ന് ഉടനെ മോചിക്കാൻ കഴിയും അത് വീണ് വീണു അയാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോ എന്തു ചെയ്യും അവിടെ ബ്രഹ്മചര്യാദി സാധന വിശേഷ വി സാധനം ബ്രഹ്മചര്യം സമന്ദമം എന്നെല്ലാം പറയുന്നുണ്ടോ സാധനങ്ങൾ യോഗശാസ്ത്രങ്ങളും മറ്റും പറയുന്ന സാധനം ആ സാധനങ്ങളും ഉപാസകന് ആവശ്യമാണ് മന്ത്രബുദ്ധി അതായത് വിവേകം കൊണ്ട് ഈ ദോഷങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തവന് അനുഷ്ഠാനങ്ങളിലൂടെ ആ ദോഷങ്ങളെ അതിജീവിക്കുന്നു അതിനുള്ള അനുഷ്ഠാനങ്ങൾ നിർദ്ദേശിക്കുന്നു അതാണ് ബ്രഹ്മചര്യാദ തപസ്സുകളും നിർദ്ദേശിക്കുന്നു ഉപായങ്ങൾ നിർദ്ദേശിക്കുന്നു അതെല്ലാം ഞാൻ അടുത്ത് പറയുന്നത് അതാ അങ്ങനെ എടുത്തു പറയുന്നത് കാരണം ഭൂമിവിദ്യയിലൂടെ തത്വത്തെ ബോധിക്കാതിരിക്കുന്ന എന്തുകൊണ്ട് അയാളുടെ ഉള്ളിൽ ദോഷങ്ങളിരിക്കുന്നുണ്ട് ആ ദോഷം എന്തുകൊണ്ട് തത്വബോധം കൊണ്ട് മാറുന്നില്ല ആ ബോധം തത്വബോധത്തിന് ആ ദോഷങ്ങൾ തത്വബോധത്തിന് തടസ്സമായിരിക്കുന്നു തടസ്സം മാറ്റണ്ടേ അപ്പോ തത്വബോധത്തിന്റെ ഉത്പത്തിക്ക് പോലും തടസ്സമായ ദോഷങ്ങളാണെങ്കിൽ ദോഷങ്ങൾ പലതാണ് ചിലത് ഉത്പത്തിക്ക് തടസ്സമായിരിക്കും ചിലത് ഫലപ്രാപ്തിക്ക് തടസ്സമായിരിക്കും രണ്ടു തരത്തിലുണ്ട് ദോഷമിരുന്നതുപന്നമാകത്തേയില്ല ഞാൻ ചിലതങ്ങനെയല്ല ഞാനും ഉത്പന്നമായി അതിനുള്ള ഉത്പത്തിക്ക് തടസ്സമായ ദോഷങ്ങളെല്ലാം മാറി പക്ഷേ ഫലപ്രാപ്തിയില്ല ദുഃഖ നിവൃത്തി ഉണ്ടാവില്ല എന്തുകൊണ്ട് അതിന് തടസ്സമായി നിൽക്കുന്നു ദോഷങ്ങൾ ഇപ്പോൾ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അത് പറയുന്നുണ്ട് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഉത്പത്തിക്ക് തടസ്സമായിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറി പക്ഷെ ഫലപ്രാപ്തിക്ക് തടസ്സമായ ദോഷങ്ങൾ നിൽക്കാം എന്ന് പറയുന്നുണ്ട് ദുഃഖം നിവൃത്തിക്ക് ദുഃഖ നിവൃത്തിയാകുന്ന തടസ്സം അതിന് തടസ്സമായ ദോഷങ്ങൾ അത് പരിഹരിക്കേണ്ടി വരും അതെങ്ങനെ അയാൾ പരിഹരിക്കുന്ന വിവേകം കൊണ്ട് അതിനെപ്പറ വിവേകദാർഢ്യം അതുകൊണ്ട് പരിഹരിക്കുന്നു അത് ഇവിടെ അതിന് മുമ്പുള്ള കാര്യം പറയണം ഞാൻ ഉത്പത്തി തന്നെ ഉണ്ടാകുന്നു കാര്യമായോ ദോഷങ്ങളുണ്ട് എന്താണ് അത് മുഖ്യമായും വരുന്ന വിഷയവിഷയോ തൃഷ്ണ എന്ന സഹസാ അതിനായൊക്കെ കെൽപ്പില്ല അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മാറ്റിക്കിടുന്നു ്രഹ്മചര്യാദി സാധനം വിശേഷിപ്പിച്ചു അപ്പൊ അതിനുവേണ്ടിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് സാധനം നിർദ്ദേശിക്കുന്നു ഇന്ന ഇന്ന സാധനങ്ങൾ ചെയ്യുന്നു എന്ന് നിർദ്ദേശിക്കുന്നു അപ്പോ തത്വജ്ഞാനത്തിന്റെ ഫലമായ ചിത്തവിശ്രാന്തി ആ ചിത്തവിശ്രാന്തി അതാണ് ചിലടത്തൊക്കെ പറയുന്നത് ചില സ്ഥലങ്ങളിൽ പറയും മനോമനാശത്തിന് വേണ്ടി ശ്രമിക്കണം വാസനാക്ഷയത്തിന് വേണ്ടി ശ്രമിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ താല്പര്യം അതാണ് ഒരാൾ രാജ്യത്തെ വിശ്രാന്തി ലഭിക്കുന്നില്ലെങ്കിൽ എന്തോ തകരാറു അത് പരിഹരിക്കണം അപ്പോ ആ തത്വബോധത്തിൽ അതുകൊണ്ടാണ് ദൃഢാപരോക്ഷം വിവേകദാർഢ്യം ഇങ്ങനെയൊക്കെ പല രീതിയിലും അതിനെ പറയും പക്ഷെ അതിനു മുമ്പുള്ള കാര്യങ്ങളവിടെ പറയുന്നത് തിരുവനണാദി സാധനങ്ങൾ ഒരുവിനെ സഹായിക്കുന്നില്ല മുമ്പോട്ട് നയിക്കുന്നില്ല അവിടെ മറ്റ് സാധനങ്ങൾ വരുമ്പോ ജിയാതി സാധന എന്ന് പറയുമ്പോൾ എല്ലാം വരെ പറയും ജപത്തപങ്ങൾ എല്ലാം പ്രാർത്ഥന ഭജന എല്ലാം സർമ്മയോഗം ഭക്തിയോഗം എല്ലാം വരും അതിന് മൊത്തത്തിലൂടെ പറയുന്ന പേരാണ് ഉപാസൻ ഭക്തി എന്ന് പറയുന്ന ശബ്ദം പൗരാണികമാണ് ഇന്ന് പ്രചരിച്ചിരിക്കുന്ന അർത്ഥത്തിനത് പൗരാണികമാണത് പുരാണ ഇതിഹാസങ്ങളിലൂടെയാണ് അതിന് പ്രചരണം വേണ്ടത് അതിന് സമമായി വേദത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ഉപാസന അത് വൈദികമാണ് അപ്പം ഉപാസന കേൾക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായി ഭക്തി എന്നാഗ്രഹിച്ചോളൂ പ്രചരിക്കുന്ന രീതി പറയുന്നത് തത്വത്തിൽ വരുമ്പോൾ അതെല്ലാം ഒന്നാവും അതിനെക്കുറിച്ചല്ല പറയുന്നത് ്രഹിക്കുന്ന അർത്ഥത്തിലുള്ള ഭക്തി അത് പൗരാണികമാണ് ഉപാസന വൈദികൾ ആ വൈദികമായ ഉപാസനയുടെ ഭാഗമാണ് ഭക്തി എന്തുകൊണ്ട് തത്വജ്ഞാനത്തിൽ നിന്നും വീണ്ടും തിരിഞ്ഞു നടക്കുന്നു ഉപാസന ഇല്ല കേരള സമാധാനവും ഭാഷകാരൻ ഇവിടെ പറയുന്നു അതുകൊണ്ട് ഇതിങ്ങനെ വീണ്ടും വീണ്ടും എന്തുകൊണ്ടും മാറി മാറി വരുന്നു ഒരു തരത്തിൽ എന്താണ് തത്വജ്ഞാനത്തിനും ഇതെല്ലാം ആവശ്യമായിരുന്നു ആ തത്വജ്ഞാനം അതിന്റെ പൂർണതയിലല്ലെങ്കിൽ അവിടെ ഇതെല്ലാം ആവശ്യമായിട്ടുള്ളൂ ഭാഷകാരം പറയുന്നത് ജ്ഞാന കർമ്മ സമുച്ചയം അടക്കാതിന്റെ പൂർണ്ണതയും വിജയിക്കണം എവിടെ വരത്തിനും അതിനു മുമ്പ് ഒരാൾക്ക് ഇതെല്ലാം സ്വീകരിക്കും അത് നേരത്തെ ഭാഷകാരം പറഞ്ഞൊരു സമ്യകായിട്ടുള്ള മാർഗമാണ് ഇതെല്ലാം സ്വീകരിക്കും ഭക്തിയും ജ്ഞാനവും ഉപാസനയും ഏതെല്ലാം ആ തത്വനിഷ്ഠയ്ക്ക് സഹായിക്കുമോ അതിനെല്ലാം സ്ഥിതി അതുകൊണ്ടാണ് അതിങ്ങനെ ഇടകലർന്ന് വരുന്നത് ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു വീണ്ടും കർമ്മത്തെക്കുറിച്ച് പറയുന്നു വീണ്ടും ശ്രുതി അങ്ങനെയാണ് പറയുന്നത് ഉപാസനയെ കുറിച്ച് പറയുന്നു ഇതെല്ലാം ഒരു സാധകന് ഫലവത്താണ് അതേസമയം പരമാർത്ഥിതാണ് എന്നും പറയുന്നു അതാണ് ശ്രുതിയുടെ പ്രതിവാദന രീതി അതുകൊണ്ട് ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയുന്നു ആ തത്വനിഷ്ഠയ്ക്ക് എന്തൊക്കെയാണോ തടസ്സമായി വരുന്നു ഞാനുപത്തിക്ക് എന്തൊക്കെയാണോ തടസ്സമായി ആ തടസ്സങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്